അനന്തരം യലിനോട് ഇസ്രയേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ഷൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കേക്ക് നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബിമ്യനായ ഇഷായിയുടെ അടുക്കൽ അയക്കും അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന്റെ ഷമു വേ ഞാൻ എങ്ങനെ പോകും കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു എന്നറ യശുക്കിടാവിനേയും കൊണ്ടു ചെന്നു ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയാറുക ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കാക നീ ചെയ്യേണ്ടതെന്നതെന്നു ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം യഹോവ കൽപ്പിച്ചതുപോലെ ശമുവേൽ ചെയ്തു ബേത്തലഹേമിൽ ചെന്നു പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിങ്കൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു അതിനവൻ ശുഭം തന്നെ ഞാൻ യഹോബയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവിനെന്ന് പറഞ്ഞു പറഞ്ഞു അവൻ ഇഷായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു യഹോവ ശമുവെല്ലിനോടു അവന്റെ മുഖമോമോ പൊക്കമോ നോക്കരുത് ഞാനവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിനെ കാണുന്നത് പോലെ യഹോവയോ ഹൃദയത്തെ നോക്കുന്നുവെന്ന് അരുളിച്ചു ചെയ്യുന്നു പിന്നെ ഇഷായി അബിനാദാബിനെ വിളിച്ച് ഷമുവെല്ലിന്റെ മുമ്പിൽ വരുത്തിയിരിക്കും എന്നാറേ യഹോവ ഇവനെയും എന്ന് പറഞ്ഞു പിന്നെ ഇഷായി ഷമ്മയെയും വരുത്തി ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്നവൻ പറഞ്ഞു അങ്ങനെ ഇഷായി ഏഴു പുത്രന്മാരെ ഷമുവേലിന്റെ മുമ്പിൽ വരുത്തിയി എന്നാൽ ഷമുവേൽ ഇഷായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നു പറഞ്ഞു നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ഷമുവേൽ ചോദിച്ചതിന് അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട് അവൻ ആടുകളെ മേക്കയാകുന്നു എന്നു പറഞ്ഞു ശമുവേൽ ഇഷായിയോട് ആളയച്ച് അവനെ വരുത്തുക അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്നു പറഞ്ഞു ഉടനെ അവനാളയച്ച് അവനെ വരുത്തിയി എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും ും കോമളരൂപിയും ആയിരുന്ന അപ്പോൾ യഹോവാ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു വെച്ചു അങ്ങനെ ഷമുവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു യഹോവയുടെ ആത്മാവ് അന്നുമുതൽ ദാവീദിൻ മേൽനെ വന്നു ഷമുവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാർ അവനോട് ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ ആകയാൽ കിന്നര നിപുണനായ ഒരു തനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരയണം എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് ദുരാത്മാവ് തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യും എന്ന് പറഞ്ഞു ഷൌൽ തന്റെ കൃത്യന്മാരോട് കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ച് കൊണ്ടുവരുവൻ എന്ന് കൽപ്പിച്ചു ബാല്യക്കാരിൽ ഒരുത്തൻ ബേത്തലഹേമ്യനായ ഇഷായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ കിന്നര നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനവനും കോമളനുമാകുന്നു യഹോവിയും അവനോടു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാർ ഷൗൽ ഇഷായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ആടുകളോടു കൂടെ ഇരിക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണമെന്ന് പറയിച്ചു ഇഷായി ഒരു കഴുതയെ വരുത്തി അതിന്റെ പുറത്ത് അപ്പം ഒരു തുരുത്തി വീഞ്ഞ് ഒരു കോലാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദുവം കൊടുത്തയച്ചു ദാവീദ് ഷൗലിന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുമ്പാകെ നിന്നു അവന് അവനോട് വളരെ സ്നേഹമായി അവനവന്റെ ആയുധവാഹകനായി തീർന്നിരുന്നു ആകയാൽ ശൗൽ ഇഷായിയുടെ അടുക്കൽ ആളയച്ച് ോട് എനിക്കിഷ്ടം തോന്നിയിരിക്കൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവിദ കിന്നരമെടുത്ത് വായിക്കും ശൗലിന് ആശ്വാസവും സുഖവും ദുരാത്മാവ് അവനെ വിട്ടുമാറും